നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ് അവനുദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കരുണ ചെയ്യും അല്ലെങ്കിൽ അവനുദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ടവനായിട്ടല്ല നാം താങ്കളെ അയച്ചിരിക്കുന്നത്